Alhamdulillah نحمده ونستغينه ونبن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل لا ومن يللغ فلا هادية لا وأشهد أن لا إله إلا الله وأشهد أن محمد النبد هو رسوله أرسله بالهدى ودين الحق ഹീമാല ആലി ഇബ്രാഹീം ഇന്നീതു أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلال أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ു തുന്ന ഇല്ലാവ അമ്മ മുസ്ലിമോൻ ബില്ലൈലിവന്നഹാരി വല്ലി ഇന്ന പേദാലിക്കല ആയാത്തിൽ കൗമീയസ്മറൂൻ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സർവ്വശക്തനായ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ജീവിതത്തെയും നിരന്തരമായി പ്രചോദിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങളെയും അനുഗ്രഹങ്ങളെയും വിശുദ്ധ കുർവാനിൽ അള്ളാഹു എടുത്തു അതൊക്കെ കേൾക്കുവാനും പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ആ നിലക്ക് നബിസല്ലാഹു അലൈഹി വല്ലയുടെ വചനങ്ങളിൽ നിന്നും പരിശുദ്ധ ഖുർആാനിന്റെ സൂക്തങ്ങളിൽ നിന്നും നമ്മുടെ ആലോചനകൾക്കും കേൾവിക്കും ചിന്തിക്കും വിധേയമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കം ഒരുപക്ഷെ ജീവിതത്തിൽ എത്രയോ തവണ നാം സംസാരിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്ത ഒന്നാണ് യഥാർത്ഥത്തിൽ ഉറക്കം എന്നത് നമ്മുടെ ജീവിതവുമായി സമാധാനകരമായ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന എന്തുമാത്രം സങ്കീർണമായ ഒരത്ഭുതമാണ് ഒരനുഗ്രഹമാണ് ഉറക്കം എന്ന് നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആലോചിച്ചിട്ടുണ്ട് വിശുദ്ധ കുർആാൻ ഇങ്ങനെയാണ് ഉറക്കത്തെ കുറിച്ച് പറയുന്നത് വമിൻ ആയാ തിഹി മനാമുക്കും അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ആകാശത്തെ സൂര്യൻ അത്ഭുതമായതുപോലെ വിശാലമായ സമുദ്രം അത്ഭുതമായതുപോലെ മനുഷ്യന്റെ ജീവൻ അത്ഭുതമായതുപോലെ മഴ അത്ഭുതമായതുപോലെ ഒരു അത്ഭുത ദൃഷ്ടാന്തമാണ് മനാമുക്കും വില്ലയിലി വന്നഹാർ പകലും രാത്രിയിലുമുള്ള നിങ്ങളുടെ ഉറക്കം നിങ്ങൾ പകലുറങ്ങുന്നതും രാത്രി ഉറങ്ങുന്നതും അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു വപുത്തികാ ഉം അള്ളാഹുവിന്റെ ഔദാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുന്നതും ഇന്ന പിതാലിക്കല ആ ീർച്ചയായും കേൾക്കു പഠിക്കുന്ന ജനങ്ങൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് സഹോദരങ്ങളെ ഉറക്കത്തെ കുറിച്ചുള്ള ആയത്തുകളും ഹതീത്തുകളും വായിച്ചു നോക്കിയാൽ തന്നെ വല്ലാത്തൊരു അത്ഭുതവും സങ്കീർണതയും ഉറക്കത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പ്രവാചകന്മാർക്ക് യാഥാർത്ഥ്യങ്ങളുടെ വെളിപാടുകൾ അതായത് വഹി ലഭിച്ചത് ഉറക്കത്തിലാണ് ഉറക്കത്തിൽ വഹി ലഭിക്കാറുണ്ട് വിശ്വാസം കിട്ടിയിട്ടുണ്ട് ആയിഷാറീ അല്ലാഹു എന്നൊക്കെ പറയാറുണ്ട് പ്രവാചക സ്വലാഹസ്മി എന്റെ മടിയിൽ തലവെച്ചുറങ്ങുമ്പോൾ പ്രവാചകന്റെ വഹിയു വന്നാൽ വല്ലാത്തൊരു ഭാരം എനിക്ക് അനുഭവപ്പെടാറുണ്ട് ഇബ്രാഹിം നബി അലൈഹലാമിന് മകനെ അറക്കുവാനുള്ള ദിവ്യ സന്ദേശം ഉറപ്പായ സന്ദേശം അള്ളാഹു നൽകിയത് ഉറക്കത്തിലാണ് ഇനി ഉറക്കത്തിൽ ഞാൻ കണ്ടിരിക്കുന്നു എന്ത് നിന്നെ അറക്കണമെന്ന് അപ്പോൾ ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങൾ കാണുന്നത് ഉറക്കത്തിലാണ് എന്നാൽ അതേസമയം ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് പറയുന്നതായിട്ട് കാണാൻ പറ്റും നല്ല സ്വപ്നം അള്ളാഹുവിന്റെ അടുക്കൾ ഉറങ്ങുമ്പോൾ നല്ല സ്വപ്നം കണ്ടാൽ അത് അള്ളാഹുവിന്റെ അടുക്കിൽ നിന്നാണ് എന്നാൽ താൻ ചീത്ത സ്വപ്നങ്ങൾ പിശാചിന്റെ അടുക്കിൽ നിന്നാണ് അതുകൊണ്ട് ചീത്ത സ്വപ്നം കണ്ടാൽ അവൻ തന്റെ ഇടതുഭാഗത്തേക്ക് ഈ ശിമാലിക്ക് മൂന്ന് പ്രാവശ്യം അവൻ തുപ്പട്ടെ മാത്രമല്ല വലിയ മിനഷ്ത്താൻ പിശാച്ചിൽ നിന്ന് അവൻ രക്ഷ തേടുകയും ചെയ്യട്ടെ ൈശാചികമായ ഭയങ്ങളും അതേപോലെ തന്നെ ദുസ്വപ്നങ്ങളും ഉറക്കത്തിൽ ഉണ്ടാവുന്നു പ്രവാചകന്മാർക്ക് വകി ലഭിക്കുന്നത് പിന്നെ ഉറക്കത്തിലാണ് മാത്രമല്ല നബിസ്ലാസ്മ പറഞ്ഞു ആരെങ്കിലും എന്നെ കണ്ടാൽ മുഹമ്മദ് നബിസ്ലാസ്മ ആരെങ്കിലും ഉറക്കത്തിൽ കണ്ടാൽ അവൻ കണ്ടത് പ്രവാചകനെ തന്നെയാണ് എന്നും ഹദീസിൽ കാണാൻ പറ്റും സങ്കീർണമാണ് സഹോദരങ്ങളെ ഉറക്കം ഒരു പക്ഷേ ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് റക്കം മരണമാണെന്ന് പറയുന്നു ശരിക്കും മരണം ഒരു മരിച്ചവൻ എന്തെങ്കിലും ബാധ്യത ഉണ്ടോ ഞാൻ ഈ സമയത്തിന് ശേഷം മരിച്ചാൽ അടുത്ത അസറ നമസ്കരിക്കൽ എനിക്ക് ബാധ്യതയില്ല പ്രവാചകൻ പറഞ്ഞു റുഫിയൽ മൂന്നാളുകളിൽ നിന്നും പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് മൂന്നാളുകൾ എന്ത് ചെയ്താലും അത് പഠിച്ചോ എഴുതൂലെന്നാണ് റിക്കാർഡിൽ ഉണ്ടാവൂലെന്നാണ് അതിന് ഒന്നാമത്തെ ആളാരങ്ങൾ ഉറങ്ങുന്നവൻ ഉണരുന്നത് അവൻ ഉറക്കത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തപ്പെടുന്നില്ലെന്ന് അപ്പൊ ഒരു രാത്രി എന്ന ഉറക്കത്തിന്റെ വേള സഹോദരങ്ങളെ മരിച്ചവനെ പോലെ ഒരവസ്ഥ മനുഷ്യനുണ്ട് എന്നാൽ മരണത്തിന്റെ അവസ്ഥയാണോ ഉള്ളത് ഉറക്കത്തിൽ മറ്റെന്തൊക്കെയോ ബന്ധങ്ങൾ ശരീരവുമായും ആത്മാവുമായും നടക്കുന്നുമുണ്ട് ഉറക്കമെന്നത് തീർത്തും മരണമാണെന്ന് പറഞ്ഞുകൂടാ എന്നാൽ മരണത്തിന്റെ സമാനതകൾ അതിന് ഉണ്ട് യഥാർത്ഥത്തിൽ ധാരാളം സന്ദേശങ്ങൾ ഈ ഉറക്കത്തെ കുറിച്ചുള്ള ആലോചനകൾ നമുക്ക് നൽകുന്നില്ലേ എന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പ് ശരിക്കും ഇസ്ലാം വിശ്വാസം മാത്രമേ പറയുന്നുള്ളൂ എന്ന് അറിയൂ നമ്മൾ ഇന്ന് എങ്ങനെയാണോ ഇതേ ശരീരത്തോടെയും ആത്മാവോടുകൂടെയും പരലോകത്ത് വരുന്നത് അത് ഇസ്ലാം മതത്തിന്റെ വിശ്വാസം മറ്റുള്ളവരിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഭാഗികമായി മാത്രമേ അവർ അംഗീകരിക്കുന്നുള്ളൂ ശരിക്കും അപ്പൊ അള്ളാവ് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ രാത്രി ഉറങ്ങിയ മനുഷ്യൻ രാത്രി മരിച്ച മനുഷ്യൻ രാവിലെ ഉണർന്നെഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ആയിരക്കണക്കിന് തവണയാണ് മരണത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും അനുഭവം പടച്ച നമുക്ക് തീർന്നാണ് ഈ ലോകത്തേറ്റൊരു ബന്ധമല്ലാതെ തികഞ്ഞ അബോധാവസ്ഥയിൽ എല്ലാം മറന്നുറങ്ങുന്ന മനുഷ്യൻ ജീവിതത്തിൽ അവൻ ആരാണ് എന്താണ് എന്നൊന്നും ഓർമ്മല്ലാതെ രാവിലെ ഓർമ്മകളെ മുഴുവനും മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഒരു പുനർജന്മം പോലെ പുനരുദ്ധാനം പോലെ മനുഷ്യൻ തിരിച്ചു വരികയാണ് ചെയ്യണത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഉറക്കമെന്ന ഒരു മഹാത്ഭുതത്തെ കുറിച്ചും വിശുദ്ധ ഖുറാനിൽ പറയുന്നത് ഉറക്കം അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന് അനുഗ്രഹമായിട്ടാ ഹുവല്ലെ അവൻ നിങ്ങൾക്ക് വസ്ത്രമാക്കി തന്നു നിങ്ങളുടെ സ്വകാര്യമായ ജീവിത വ്യവഹാരങ്ങൾക്കൊക്കെ രാത്രിയുടെ മറ നിങ്ങൾക്കൊരു സൗകര്യമാണ് നിങ്ങളുടെ നഗ്നതകളെ മറക്കാനുള്ള ഒരു സന്ദർഭമാണത് ലിബാസൻ ഒരു വസ്ത്രത്തിന്റെ എല്ലാ പ്രയോജനങ്ങളും രാത്രി കൊണ്ടുണ്ട് ഉറക്കത്തെ നിങ്ങൾക്കൊരു വിശ്രമമാക്കി തന്നാണ് ഷെയ്ഖ് സാലിബിൻ ഹൊസൈമിൻ അദ്ദേഹം ഈ സുബാത് എന്നതിന് അമ്മ സൂറത്തു നബയിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറക്കമെന്ന മഹാനുഗ്രഹത്തെ തിരിച്ചറിയുന്ന വാചകങ്ങളാണ് ുംബ ഒരു പകല് എന്ത് ക്ഷീണമുണ്ടെങ്കിലും അതിനാണ് മുറിച്ച് കളയുന്നുണ്ട് അങ്ങനെ ഒരു ക്ഷീണിച്ചൊരവസ്ഥ ശരീരത്തിന് ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ശരീരത്തിന്റെ ക്ഷീണങ്ങളെ അന്യമാക്കാൻ ഉറക്കത്തിന് പറ്റും മുമ്പ് നടന്ന എല്ലാ കാര്യങ്ങളെയും മുറിച്ചു നന്നായി ഒന്ന് അധ്വാനിച്ചിട്ട് ഒന്നാണ്ട് ഉറങ്ങിയാൽ ആ അധ്വാനത്തിന്റെ എല്ലാ പരിക്കും അതോടെ തീർന്നു എന്ന് ആലോചിച്ച് നോക്കുന്നത് രാത്രി ഒരു ഒരു പോളെ കണ്ണടക്കാതെ രാവിലെ ഒരാളെ നമ്മൾ കണ്ടാൽ നമ്മൾ തന്നെ അയാളുടെ മുഖത്ത് നോക്കി ചോദിക്കും ഇന്നലെ ഉറങ്ങിയില്ല അല്ലേ ഒരു ശരീരത്തിൽ എത്ര ശക്തമായി പ്രതിഫലിക്കുന്നതാണ് ഒരു ഉറക്കത്തിന്റെ കുറവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ശരിക്കും അവന്റെ എല്ലാ ഉന്മേഷങ്ങളെയും തിരിച്ചു നൽകാൻ ഉറക്കത്തിന് പറ്റുമില്ല മുസ്തകബിൽ ഇന്നലത്തെ ക്ഷീണം മാറിയെന്ന് മാത്രല്ല നാളത്തേക്കുള്ള ഉന്മേഷം കൂടി രാത്രി ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങിയാൽ സഹോദരങ്ങളെ ഇന്നത്തെ ഒരു പകലിനെ മുഴുവൻ ക്ഷീണം നാളത്തേക്കുള്ള മുഴുവൻ ഉന്മേഷവും നമുക്ക് ലഭിച്ചു എന്നാണ് അതാണ് ഒരു ഉറക്കത്തിന്റെ ഉറക്കമെന്നത് വിശ്രമം ും സുബാത്ത എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പഹസ മനുഷ്യന് ശരീരം എല്ലാ അവസ്ഥയിലും ഇളകിമറിഞ്ഞിരുന്ന ശരീരത്തിന് ശാന്തമായി ഒന്ന് കിടക്കാൻ ഒരവസരം അതേപോലെ തന്നെ വധഹാബിൽ എല്ലാ ക്ഷീണങ്ങളെയും പ്രയാസങ്ങളെയും നീക്കിക്കളയുന്നു നിങ്ങൾക്ക് ഭൂമിയിൽ എല്ലാ അർത്ഥത്തിലും വ്യാപരിക്കുവാനും ഉന്മേഷത്തോടുകൂടെ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള അവസ്ഥ നമുക്ക് ലഭിക്കുന്നു അപ്പോൾ സഹോദരങ്ങളെ ഉറക്കം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായ ഉറക്കം പുനരുദ്ധാരണത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തിരുന്നു വൻ നൌമസുബാത്തൻഷൂറാണ് ശരിക്കൊരു ഉയർന്നത്തെ നീൽപ്പ് നാളിന്റെ ഒരു പൂർണമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവമായിട്ടാണ് പകൽ രാവിലെ നമുക്ക് വരുന്നത് രാവിലെ ഉണരുമ്പുള്ള പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ ശരിക്കും നമുക്ക് മനസ്സിലാവും അലഹദില്ലാഹിള്ളതിന് ശേഷം ഉണർത്തിയ എന്നെ മരിപ്പിച്ചതിനു ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിന് സർവസ്തുതി എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ നമ്മൾ എഴുതിയിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം രാത്രി എന്തൊക്കെ ആലോചനകളുടെയും പ്രതീക്ഷകളുടെയും ആശങ്കകളുടെയും കണ്ണടച്ച നാം സഹോദരങ്ങളെ തലേനാളത്തെ എല്ലാ അവസ്ഥകളെയും തിരിച്ച് സ്ഥാപിച്ചുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന പോലെ ഒരു അറുപതോ എഴുപതോ എൺപതോ കൊല്ലം ജീവിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ഈ പൂർണ്ണ ഈ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളോടും കൂടെ തിരിച്ചു വരും എന്ന് ഉറക്ക് ഓരോ രാത്രിയും ഓരോ ഓരോ പ്രഭാതത്തിനും ഉയർത്തെഴുന്നിൽക്കുമ്പോൾ ആ ഉണർച്ച നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ കുർഹാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും നാം വളരെ ഗൌരവത്തോട് ആലോചിക്കണം സഹോദരങ്ങളെ ഇത്തരം ഒരു വിഷയം പറയാൻ തന്നെയുള്ളൊരു കാരണം എന്താ വച്ചാൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് തന്നുറക്കം അത് ഉറങ്ങാൻ ആഗ്രഹിച്ചിട്ട് ഉറങ്ങാത്തവരുണ്ട് കുറച്ചൊരു പ്രായമായി കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കോ രണ്ട് മണിക്കോക്കാണ് ഉണർന്നാൽ പിന്നെ ഉറക്കം കിട്ടൂല അവരോട് ചോദിച്ചാൽ അറിയാം ഉറങ്ങാനുള്ള ആഗ്രഹം രോഗങ്ങളും മാനസിക പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉള്ളവർ സഹോദരങ്ങളെ മരുന്ന് കുടിച്ചിട്ടും ഉറക്കം കിട്ടാത്തവരോട് ചോദിച്ചാൽ അറിയാം ഉറക്കമെന്ന മഹാനുഗ്രഹത്തിന്റെ ഗുണമറിയാൻ പറ്റും എന്നാൽ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് സഹോദരങ്ങളെ ഒരുപക്ഷെ മരണം എന്ന് വിശേഷിപ്പിക്കുന്ന ഉറക്കിലേക്ക് മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെന്തായാലും ഒരു ബേജാറുണ്ടാവില്ലേ ആ ഒരു ബേജാറോട് കൂടെ തന്നെ ഉറങ്ങേണ്ടത് സഹോദരങ്ങളെ നമ്മളെ കൂടുതൽ ചില ആളുകൾ കള്ളു പിടിച്ചുറങ്ങുന്ന ആൾക്കാരുണ്ട് ഓലെ പറ്റും ചിന്തിച്ചോക്കണം നിങ്ങൾ രാത്രി മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് വന്ന് കിടന്നുറങ്ങണ ആൾക്കാർ ശരിക്കും ഈ ജീവിതത്തിൽ നിന്നുള്ള വിരാമത്തിലേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കും ചിന്തിച്ചാൽ ഒരു മദ്യപാനിയായിട്ട് രാത്രി എങ്ങാനും ആ ഉറക്കം അള്ളാഹുവിന്റെ കയ്യിലാണ് ആത്മാവ് മരിക്കുന്നവന്റെ ആത്മാവിനെ മരിക്കുമ്പോൾ പിടിക്കുന്നു ഇതുവരെയും മരിച്ചിട്ടില്ലാത്ത ഒരു ആത്മാവിനെ മരിക്കുന്ന പോലെ തന്നെ പിടിക്കും ഉറക്കത്തിൽ നിന്നാണ് ബാക്കി ആയത്തെന്താരങ്ങള് കള അലേഖൽ മൗത്ത് ആരെയെങ്കിലും ഉറക്കത്തിൽ മരിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആത്മാവിനെ അവിടെ വെക്കും ഇല അജലി മുസമ്മ അല്ലെങ്കിൽ തിരിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണെങ്കിൽ അവന്റെ ആത്മാവിന് രാവിലെ പടച്ചവനാണ് തിരിച്ചു കൊടുക്കുക എന്നാ പറഞ്ഞത് സഹോദരങ്ങളെ അപ്പൊ മരിക്കുന്നതിന് തുല്യമായതാണ് ഉറക്കമെങ്കിൽ രാത്രി എങ്ങനെ ഉറങ്ങേണ്ടത് മ്യൂസിക്ക് കേട്ട് ഉറങ്ങണ ആൾക്കാരുണ്ട് മ്യൂസിക് നിഷിദ്ധമാണ് സഹോദരങ്ങളെ പാട്ടല്ല ഈ സംഗീതോപകരണങ്ങളെ കൊണ്ടുള്ള സംഗീതങ്ങൾ അള്ളാഹുവിന്റെ റസൂല് നിരോധിച്ചതിൽ പെട്ടതാണ് അത് ചെവിയിൽ വെച്ചുറങ്ങുന്നവരുടെ അവസ്ഥ അല്ല വെച്ചേക്ക് നിങ്ങൾ ജീവിതത്തിൽ അതേപോലെ തന്നെ വൃത്തികേടുകൾ ചിന്തിച്ചുറങ്ങുന്നവരുണ്ട് ഫോണിലൊക്കെ വൃത്തികെട്ട ഫിലിമുകളും മൂവികളും ഒക്കെ കണ്ടുറങ്ങുന്ന ആൾക്കാരുണ്ട് സിനിമ ഓൺ ആക്കിയിട്ട് ആൾക്കാരുണ്ട് വൃത്തികെട്ട എന്തെങ്കിലും പ്രേമചിത്രങ്ങളോ അശ്ലീലങ്ങളോ കണ്ടിട്ട് അങ്ങനെയാണ് ഉറക്കത്തിൽ പോവുക വഴക്കടിച്ചുറങ്ങുന്ന ആളുകളുണ്ട് ഭാര്യയും ഭർത്താവും പരമാവധി പിന്നെ എന്തൊക്കെ പറയാൻ പറ്റുമോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാതും പറഞ്ഞ് പരസ്പരം ഷണ്ട കൂടി കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട് ഏതായി ഉറക്കം നിങ്ങൾ ആലോചിക്കണം മരണമെന്ന് വിശുദ്ധ കുർആാൻ വിശേഷിപ്പിച്ച ജീവിതത്തിന്റെ സമാപനമെന്ന് ഒരു ലഘുവായ സമാപനമെന്ന് ഒരു പക്ഷെ വിചാരിക്കാനാവുന്ന സഹോദരങ്ങളെ പകലിന് എത്ര അത്ര ദൈർഘ്യം ഉറക്കത്തിനുമില്ലേ ഈ പകല് സംഭവിക്കുന്ന അതേ മരണങ്ങൾ രാത്രി സംഭവിച്ചുകൂടെ വിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ രാത്രിയിലും നമ്മൾ ഹൃദയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ സഹോദരങ്ങളെ നമ്മുടെ ശ്വാസകോശം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഏതെങ്കിലും ഒന്നിനൊരു നിശ്ചലാവസ്ഥ ഉണ്ടായാൽ പോയില്ല കാര്യം അവസാനിച്ചില്ല ജീവിതം അത് കള്ളു അവസാനിപ്പിക്കേണ്ടത് രതി കണ്ടാണോ സഹോദരങ്ങളെ ജീവിതം അവസാനിപ്പിക്കേണ്ടത് സിനിമ കണ്ടാണോ അവസാനിപ്പിക്കേണ്ടത് നാം സ്വന്തമായി ചോദിക്കണമെന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ മ്യൂസിക്കുകൾ കേട്ടാണോ ഈ ജീവിതത്തിൽ വിരമിക്കേണ്ടത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് എത്ര ജാഗ്രതയോടുകൂടെയുള്ള പ്രാർത്ഥനകളാണ് ആ രാത്രി ഉറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന നോക്കു നിങ്ങൾ അള്ളാഹു നമുക്ക് ഓർമ്മയില്ലെങ്കിലും പടച്ചോന്റെ വാക്കുകൾ അള്ളാഹൻ റസൂലമ്മളെ പഠിപ്പിച്ച വാക്കിൽ ശരിക്കും ഒരു മരണത്തിന്റെ മുമ്പിലാണ് കിടക്കുന്നത് എന്ന് തന്നെയാണ് ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് അള്ളാഹു അള്ളാഹുബൈ ഞാൻ എന്നെ നിനക്ക് തന്നു ഞാൻ എന്നെ നിനക്ക് തിന്നു ഇതാ ഈ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതോടുകൂടെ എന്റെ ജീവിതത്തിന്റെ അടുത്ത സഞ്ചാരം നിന്നിലേക്ക് തിരിച്ചുവിട്ടു ഇനി ബാക്കി നീ നോക്കുക ലാ മഞ്ച അവയാനമില്ല നിന്നിലേക്ക് തിരിച്ചു വരികയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങളെ ഉറങ്ങണത് ആ പ്രാർത്ഥന വായിച്ചതിന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് എല്ലാം നിലക്കും സഹോദരങ്ങളെ ഒരുപക്ഷെ ആകസ്മികമായ ഒരു മരണത്തിൽ ഒരുങ്ങാൻ പറ്റില്ല എന്ന് വരാം പക്ഷെ ഉറക്ക സമയത്ത് ഒരു മരണത്തിന് വേണ്ടി ഒരുങ്ങിയാൽ ജീവിതത്തിൽ എന്നും ഒരുക്കമായിരിക്കും അത് ഇന്നു രാത്രി നമ്മുടെ ഇടപാടുകളെ ഒരു പുനർവിചിന്തനം നടത്തി നമ്മുടെ പാപ പുണ്യങ്ങളെ ഒരു പുനർവിചിന്തനം നടത്തി ഒരു മരണത്തിലേക്കുള്ള യാത്ര എന്ന നിലക്കാണ് ഇന്നു രാത്രി തലയിണയിൽ തലവെച്ച് മലന്നുകിടന്ന് ആലോചിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ അത് ജീവിതത്തെ എന്നും ഉത്ബോധിപ്പിക്കാനും ജീവിതത്തെ എന്നും ശുദ്ധീകരിക്കുവാനുമുള്ള ഒരു നല്ല ആലോചനയായിരിക്കാം ഒരു പക്ഷേ മരണത്തെക്കുറിച്ചുള്ള ആലോചന ചിന്തിക്കും ആലോചിക്കും ചെയ്യേണ്ടത് മാത്രമല്ല ആ ഉറങ്ങുന്ന സമയത്ത് നല്ലൊരു ജാഗ്രത വേണം രണ്ട് നിലക്ക് ഒന്ന് നടന്ന സഹോദരങ്ങളെ ഭൗതിക ജീവിത കാര്യങ്ങളുടെ സുരക്ഷ നമ്മുടെ കയ്യിലല്ല വീട് ഇനി നമ്മുടെ കാവലിലല്ലല്ലോ ഉറങ്ങിയ പിന്നെ വീട് നമ്മളെ കാവലില്ല അല്ല സഹോദരങ്ങളെ തൊട്ടടുത്ത് കിടക്കുന്ന മക്കൾ നമ്മുടെ കാവലിലാണോ അല്ല നമ്മുടെ വീട്ടിൽ നാം സൂക്ഷിച്ചു വെച്ച വിളപിടിപ്പുള്ള വസ്തുക്കൾ നമ്മുടെ കാവലിലാണോ നാം ഉറങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ എല്ലാ നിമിത്തങ്ങളും വിശ്രമിക്കുന്നതിനാൽ നാം കണ്ണടച്ച് കാതടച്ച് ഉറങ്ങുന്നതിനാൽ സഹോദരങ്ങളെ നമ്മൾക്ക് അള്ളാഹുവിനെ ഏൽപ്പിച്ചേ പറ്റൂ അതുകൊണ്ട് ശരിക്കും ചെല്ലേണ്ട പ്രാർത്ഥനകളും കാര്യങ്ങളും ഓതണം ഉറങ്ങുന്ന നമ്മൾ ഉറങ്ങാത്ത അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു അതാണ് ആയത്തിൽ കുറിസിയെ ശരിക്കും ഒരു ശുദ്ധി വരുത്തിയാണ് വെറുതെ പോയി മൃഗങ്ങൾ കിടക്കുന്നത് പോലെ സഹോദരങ്ങളെ കണ്ണിൽ ഉറക്കം വീണപ്പോൾ കിടക്കുകയല്ല കാല് കഴുകാതെ പല്ലുതേക്കാതെ ഒരുക്കവും ഇല്ലാതെയല്ല ഒരു വിശ്വാസി ഉറങ്ങുന്നത് മറിച്ചെന്താണ് ഈതാ അത്താക്ക് ഉറങ്ങാൻ ചെന്നാൽ നീ ഒളുവെടുക്കണം ഏതുപോലെ നിസ്കാരത്തിന് ഒളുവെടുക്കണമാതിരി അപ്പൊ ഒരു വിശ്വാസിക്ക് അങ്ങനെ പോയി മലന്ത് വീടാ പറ്റുമോ സഹോദരങ്ങളെ റ്റൂല അവൻ ഒതുവെടുത്താണ് ഉറങ്ങുക പിന്നെ ഇരിക്കണം രണ്ട് കൈകളും നിവർത്തിപ്പിടിക്കണം എന്നിട്ടെന്ത് ചെയ്യണം ആദ്യം കയ്യിൽ ഊതണം എന്നിട്ട് തോതണം എന്നിട്ട് ശരീരം മുഴുവൻ തടവണം ആയത്തിൽ കുർച്ചി ഓതണം ആമന റസൂരോതണം എന്നിട്ട് ഈ പ്രാർത്ഥന ചൊല്ലി അവസാനത്തെ വാക്കുകൾ അതാക്കിയിട്ട് ഉറങ്ങണം അപ്പൊ ഉറക്കം എന്നത് സഹോദരങ്ങളെ ഉറങ്ങൽ ഒരു പ്രക്രിയ തന്നെയാണ് കുളിക്കാൻ പോകാൻ ഒരുങ്ങണമെങ്കിൽ യാത്രക്ക് പോകാൻ ഒരുങ്ങണമെങ്കിൽ ും ഒരുങ്ങണമെന്ന് തിരിച്ചറിയുക അപ്പോഴേ ഒരു വിശ്വാസിയുടെ ഉറക്കം നമുക്കുണ്ടാവും സഹോദരങ്ങളെ നമ്മുടെ മക്കളെ ഒരു ഉറക്കത്തിന് നമ്മൾ സജ്ജമാക്കിയാൽ തന്നെ അവരെ ഒരു ജീവിതത്തിന് സജ്ജമാക്കലായിരിക്കും രാത്രി ഉറങ്ങാൻ പോകുന്ന നമ്മുടെ പൊന്നോമന മക്കൾക്ക് ഉറക്കത്തിന്റെ മര്യാദകളും ഉറക്കത്തിന്റെ ആശയവും ഉറക്കത്തിന്റെ മഹത്വവും നമ്മൾ അവർക്ക് പകർന്നു നൽകിയാൽ അവരെ പുതിയൊരു ജീവിതത്തിന് സജ്ജമാക്കുകയായിരിക്കും എന്നാൽ അത്തരത്തിൽ ശ്രദ്ധിക്കുന്നവർ എത്ര പേരുണ്ടെന്നാണ് മാത്രമല്ല പരലോകത്തേക്കുള്ള ഒരുക്കവും ജാഗ്രതയും നമ്മൾ നടത്തേണ്ടത് എപ്പോ തന്നെയാണ് ഉറങ്ങുന്ന സമയത്തു തന്നെയാണ് മാത്രമല്ല സുരക്ഷിതമായ സ്ഥാനത്തായിരിക്കണം ഉറങ്ങണമെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട് സുരക്ഷിത സ്ഥാനത്ത് ഉറങ്ങണം സഹോദരങ്ങളെ രാത്രി അപകടം പറ്റുന്നുണ്ടോ എന്ന് ഓർമ്മപ്പെടുത്തണം വിളക്കുകൾ ഊതണം നമിസ്ലാസ്മ കൽപ്പിച്ചിട്ടുണ്ട് വിരിപ്പ് നമ്മൾ തട്ടിവൃത്തിയാക്കണം ഇത് ആവാ അതുക്കും ഫിറാശി ആരെങ്കിലും വിരിപ്പിലേക്ക് ചെല്ലുകയാണെങ്കിൽ ആ വിരിപ്പിന്റെ ഉൾഭാഗം കൊടയണമെന്നാണ് വല്ല എഴുചെന്തുക്കളും കിടക്കണ്ടാവും സഹോദരങ്ങളായി രാത്രി കയറിട്ട് കിടക്കുണ്ടാവും തട്ടിക്കൊട്ടിട്ടായിരിക്കണം ഇന്റെ കൂലായും രാവിലെ എഴുന്നേറ്റ് വന്നതിന് ശേഷം ആ വിരിപ്പിന്റെ ഉള്ളിൽ ആരാണ് കേറിക്കിടന്നത് എന്ന് അവൻ അറിയില്ലല്ലോ അതുകൊണ്ട് വിരിപ്പ് തട്ടട്ടെ നോക്കൂ നിങ്ങൾ എത്ര സുരക്ഷിതത്വത്തിന്റെ ഉപദേശങ്ങൾ ൊണ്ട് എല്ലാ അർത്ഥത്തിലും സുരക്ഷ ലഭിക്കുമെന്ന് പറയുന്ന എത്ര അർത്ഥവത്താണ് ആ വിരിപ്പ് തട്ടിക്കൊട്ടണം ജാഗ്രതയോടുകൂടെ ആയിരിക്കണം ഉറങ്ങേണ്ടത് വിളക്ക് കെടുത്തണം സഹോദരങ്ങളെ കരിഞ്ഞു പോകുന്ന തീ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉറങ്ങേണ്ടത് വാതിലടക്കണം വാതിലടക്കാൻ മറന്നു പോകരുത് നമ്മോട് പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഭൗതികവും മതപരവുമായ നല്ലൊരു ശ്രദ്ധ വേണം ഓ ആ വാക്കുനോക്കു നിങ്ങൾ സുഹൃത്തുക്കളെ എങ്ങനെയൊക്കെ കിടക്ക ഒരു മനുഷ്യന് മരുന്ന് കിടക്കുക കമഴ്ന്ന് കിടക്കുക എങ്ങനെയൊക്കെ കിടക്കുക വളഞ്ഞ് കിടക്ക ഒക്കെ കടന്നുകൂടെ പക്ഷെ എങ്ങനെ കിടക്കേണ്ടത് സഹോദരങ്ങള് ഇതാൻ നബി വലത്തേ ഭാഗത്തേക്ക് ചെരിഞ്ഞാ കിടന്നത് അതങ്ങനെ കടന്ന് ശീലിച്ചാലേ കിടക്കാൻ പറ്റുള്ളൂ മാത്രമല്ല മറ്റേ ഹദീസ് കാണാൻ പറ്റും കൈ കവിളിനു താഴെ വെക്കുന്നാണ് കവിളിനു താഴെ കൈ വച്ചിൽ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞാണ് എത്ര സഹോദരങ്ങൾ ഉറക്കത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് സാധാരണ ഗതിയിൽ വെറുതെ ഇത്രയും വിലപ്പെട്ട ഒരു ഉറക്കം വെറുതെ കളയുന്ന ആളുകൾ സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു ക്യാമ്പിൽ കഴിച്ചുകൂട്ടിയപ്പോഴാണ് ഉറക്കം എന്ന മഹാനുഗ്രഹത്തെ കുട്ടികൾ തിരിച്ചറിഞ്ഞില്ലെന്ന് ഞാൻ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഒന്നര മണി രണ്ടു മണി മൂന്ന് മണിവരെ വെറുതെ നുണ പറഞ്ഞ് ശബ്ദമുണ്ടാക്കിയിരിക്കുക നാരാള് കൂടുതൽ സഹോദരങ്ങളെ അഞ്ചു ശാന്തമായി ഉറങ്ങേണ്ട സമയം വെറുതെ അനാവശ്യമായി ഭക്ഷണം കഴിച്ചും അനാവശ്യമായി തെരുവിലിരുന്നും വീട്ടുമുറ്റത്തിരുന്നും ഓവുചാലിലിരുന്നും വർത്തമാനം പറയുന്നവൻ അവൻ അള്ളാഹു നൽകിയ ഒരു മഹാനുഗ്രഹത്തെ എത്ര നന്ദികേടോടുകൂടെയാണ് വിസ്മരിക്കുന്നത് എന്നൊന്ന ആലോചക്ക് സഹോദരങ്ങളെ ഉറങ്ങുക രാത്രി വെറുതെ വൃത്തികേടുകൾ കണ്ട് അനാവശ്യങ്ങൾ പറഞ്ഞ് സമയം കളയാതിരിക്കാം ഇനി അമിതമായി ഉറങ്ങാൻ പറ്റൂ അതും പറ്റൂലെന്ന പറയാണ് സഹോദരങ്ങളെ അമിതമായി ഉറങ്ങാൻ പറ്റൂല പകലാരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ അവൻ ഉച്ച സമയത്ത് ഭക്ഷണത്തിന് ശേഷം ഉറങ്ങിക്കൊള്ളട്ടെ എന്നാണ് സാധാരണ അല്ലാത്ത സമയങ്ങളൊക്കെ ഏറ്റവും ഉന്മേഷവത്തായ സമയമാണ് മകരവിന്റെയും ഇഷാവിന്റെയും ഇടക്ക് ഉറങ്ങുന്നതു തന്നെ നിരുത്സാഹപ്പെടുത്തി ഇഷാവിനു ശേഷം അനാവശ്യമായ വർത്തമാനം പറഞ്ഞ് ദീറിപ്പിക്കാൻ പറ്റില്ല ഏറ്റവും നല്ല സമയം രാത്രിയുടെ ആദ്യ രാത്രിയുടെ ആദ്യ അന്ത്യഭാഗത്തിന്റെ ആദ്യഭാഗവും അതാവുന്നു ഉറങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്നാണ് ആ സമയത്താണ് അന്ത്യസമയം നമസ്കരിക്കാനുള്ളതാണ് രാത്രിയുടെ അന്ത്യഭാഗം നിസ്കരിക്കാനുള്ളതാണ് ഇഷ കഴിഞ്ഞ് ഉടനെ നമസ്കാരം കഴിഞ്ഞ് ഞിസ്ലാസം ഉറങ്ങിയിരുന്നു എന്നാണ് നമുക്ക് ആദ്യത്തിൽ കാണാൻ പറ്റുന്നത് അമിതമായ ഉറക്കത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കെസ്രത്തുനവും വ കെസ്രത്തുഅക്കിൽ മനസ്സിനെ എപ്പോഴും കഠിനമാക്കി നിർത്തുന്നത് അമിതമായ ഉറക്കവും അമിതമായ തീറ്റയുമാകുന്നു കെസറത്തുൽ നൌം യുമീത്തുൽ കൽബ് അമിതമായ ഉറക്കം ഹൃദയത്തെ മരിപ്പിച്ചു കളയുമത്രേ അപ്പൊ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുക വീട്ടിൽ കുട്ടികളും ഭർത്താവും പോയി കഴിഞ്ഞാൽ പകലം മുഴുവൻ ഉറങ്ങുന്ന സ്ത്രീകളുണ്ട് സഹോദരങ്ങളെ ഒരു ഒഴിവു ദിവസം കിട്ടിയാൽ രാത്രി സുബൈ പോലും നമസ്കരിക്കാതെ ഉറങ്ങുന്നവരുണ്ട് ഏതൊരു ഉറക്കത്തിലും നമ്മൾക്ക് നിർബന്ധമാക്കിയ നമസ്കാരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ജമാത്തുകൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹു തന്ന വലിയൊരു ദൃഷ്ടാന്തമാണ് ഉറക്കം അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ആ ചിന്തകൾ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തട്ടെ സഹോദരങ്ങളെ ഉറക്കമെന്ന മഹാനുഗ്രഹം ആ അനുഗ്രഹം അള്ളാഹു തന്നതിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാനും ആ ഉറക്കത്തിന് മുമ്പിൽ ഒരു മരണത്തിന് മുമ്പിൽ നിൽക്കുന്ന പോലെ ഭക്തിയോടുകൂടെ ജാഗ്രതയോടുകൂടെ നിൽക്കുവാനും ജീവിതത്തെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവാനും അള്ളാഹുവിൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുവാനും അള്ളാഹു നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാൻ അള്ളാഹു മുസാ മുഹമ്മദൻ വാലാലി മുഹമ്മദ് സഹോദരങ്ങളെയും ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂചി ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉറക്കത്തെക്കുറിച്ചുള്ള തന്നെയാണ് അത് പൂർണ്ണമായിട്ട് ഇവിടെ വായിച്ച് കേൾപ്പിക്കാമെന്ന് ഉദ്ദേശിക്കുന്നു അനസൂർ അഹില്ലും കാലം പറയാനും ഉപദേശം കൊടുക്കുക നിങ്ങൾ നിങ്ങളെ വിരിപ്പിലേക്ക് ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ വൈദാ അഹത്തുമാക്കുമാ നിങ്ങൾ നിങ്ങളുടെ കിടപ്പറകളെ സ്വീകരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾ തെക്കുബീർ ചെല്ലണം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രാവശ്യം അലഹമില്ല എന്ന് പറയണം അതിൽ തസ്ബിയഹ് മുപ്പത്തിനാല് പ്രാവശ്യമാണ് അങ്ങനെ നൂറ് പ്രാവശ്യമാണെന്ന് വന്നിട്ടുണ്ട് ഏതായിരുന്നാലും മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മൾ നമസ്കാരശേഷം പറയുന്ന പോലെ സുബാൻ അള്ളാ അലഹമദില്ല അക്ബർ എന്ന് പറയണമെന്നാണ് ഒരു ബുഹാരിയുടെ ഈ മുസ്ലിമിന്റെയും ഹദീസിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ സഹോദരങ്ങളെ ബിസ്മിക് അള്ളാഹുമാ അമൂത്തു എന്നിശ്വാസം ഉറങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു എന്ന ഹദീസിലുണ്ട് നേരത്തെ ഞാൻബയ്ക്കിടയിൽ പറഞ്ഞ ആ പ്രാർത്ഥന നിങ്ങൾ ഓർമ്മിക്കുന്നായിരിക്കും വലതുഭാഗത്തേക്ക് തിരിഞ്ഞുകിടന്ന് ഒലുവെടുത്തിന് ഇവിടെ പറയും അള്ളാഹുമാ അസ്ലം തു നഫ്സിയിലേക്ക് വഫവൽ തും വാൽജത്ത് റഹബത്തൻ വറഹബത്തൻ ഇലൈക് ലാൽ ആമൻ തുപ്പി കിതബിക്ക് ലതി അൻസദ് ഒബി നബി കല്ലതി അർസത്ത് എന്ന് പറയും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ ആ ഉറങ്ങിയ സമയത്ത് അതായത് ശരിക്കും ഒരു ശുദ്ധ പ്രകൃതിയോടുകൂടി ഒരാൾ ജനിച്ചായിട്ടാണ് മരിക്കുകയാണെങ്കിൽ എങ്ങനെയാവൂ അങ്ങനെയൊക്കെ അറിയാം മരിക്കുന്ന അതുകൊണ്ട് ഹദീസാണ് അവസാനമായി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പറയേണ്ട വാക്കാണെന്ത് അള്ളാഹു അസ്സലം തുനഫ്സി വാ ഫവൽത്ത് അമരി ഇലൈക്ക് വാൻജ തുലഹരി ഇലയ്ക്ക് എന്നുള്ള ഈ പ്രാർത്ഥന സഹോദരങ്ങളെ പ്രാർത്ഥനകൾ കിട്ടാൻ പുറത്തു നമ്മുടെ കൗണ്ടറുകളിൽ പ്രാർത്ഥനയുടെ പുസ്തകങ്ങളുണ്ടായിരിക്കും നമ്മൾ വാങ്ങുക അർത്ഥത്തോടു കൂടെ മനപ്പാടമാക്കാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാം എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എപ്പോഴും നമ്മൾ അശ്രദ്ധ കൊണ്ട് പലതും നമ്മൾ അറിയാതെ പോകുന്നു ഓരോ ദിവസം പിന്നിടുമ്പോഴും ധാരാളം പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ എത്രയും പെട്ടെന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും ആ മര്യാദ ജീവിതത്തിൽ സ്വീകരിക്കുവാനും നമ്മളെല്ലാവരും സന്നദ്ധത കാണിക്കണം അള്ളാഹുയെ ഞങ്ങളുടെ വിജ്ഞാനത്തെ നീ വർദ്ധിപ്പിച്ചു തരണമെന്നാദാ സഹോദരങ്ങളിൽ അടുത്ത ദിവസങ്ങളായി നമ്മളിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട് അള്ളാഹുയുടെ കബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അവിടെ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ അള്ളാഹു അവരെയും നമ്മുടെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവലും അനുഗ്രഹവും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ സന്താനങ്ങളിൽ നിന്ന് ഇണകളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങൾക്ക് നീ സമാധാനവും